ഞാനെന്ന് പറയുന്ന ആ അറിവ് എന്താണ് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഒരു ബ്രെയിൻ മോഡലിംഗ് ആണ് പ്രോസസ്സാണ് ഇവിടെ അടുത്ത് പറയുന്നത് എന്താണ് യദീ നസ്തി ആത്മാവിന്റെ അസ്തിത്വത്തെ അറിഞ്ഞില്ലെങ്കിൽ ആത്മാഅസ്തി അഹം അതാണ് ആത്മാഅസ്തി അങ്ങനെയുള്ള പ്രസിദ്ധി എന്ന് പറയുന്ന അറു നിങ്ങളെ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സർവോ ലോകോ നഹമസ്മൃതി പ്രതിയെ ആത്മാവിനെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സർവ മനുഷ്യരും ഞാൻ ഇല്ല എന്നറിഞ്ഞു എന്നാണ് അത് ഏകദേശം ഇത് തന്നെയാ പറയുന്നു അഹം ഞാനെന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ് വെളിച്ച വിരളന്ന് പറഞ്ഞാ എന്താ വ്യത്യാസം അവിടെ എന്താ പറയുന്നത് ഞാൻ വെളിച്ചമാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുളല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്ന ഒരു സാധനമാണ് ഇരുളല്ലെന്ന് പറഞ്ഞാൽ അത് ബോധം അത് ബോധം വെളിച്ചം ബോധം ബോധമാണ് അപ്പോ അതാ അതാണ് ഇതിലുള്ള അല്ല എന്ന് പറയുന്നത് വെളിച്ചമാണെന്ന് വെച്ചാൽ അത് ബോധമാണ് അത് അതേ കാര്യം തന്നെ പറയുന്നു അപ്പോ അങ്ങനെ ഒരു ബോധം എന്ന് പറയുന്നത് അത് തർക്കമുള്ള കാര്യ അഹം എന്ന് പറയുന്നൊരു ബോധം നമുക്കുണ്ട് പക്ഷെ ആ ബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ അടയാളമാണ് എന്നാണ് നമ്മുടെ എല്ലാ പഴയ പറയുന്നത് ഈ ബോധം ആത്മാവിന്റെ ഒരു അടയാളമാണെന്ന് വെച്ചാൽ ആത്മാവ് ഇങ്ങനെ ഞാൻ എന്നുള്ള ബോധരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ ഒരു ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെയാണ് പഴയകാലത്ത് എല്ലാ ദാർശനികന്മാരും ആത്മാവെന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരും ഈ ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവെന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തിച്ചേരാൻ എന്താ കാരണം മൂന്നവസ്ഥ ഞാനെന്നുള്ള അനുഭവം ഉണ്ട് മൂന്ന അവസ്ഥയുന്നതൊക്കെ സുഷുത്തിന് ഞാൻ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തെ ആത്മാവാണ് എന്ന് പഴയ ആൾക്കാര് തീരുമാനിക്കാൻ കാരണം നമ്മുടെ ുള്ള എല്ലാ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം അതെല്ലാം ഈ ഞാനിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ആൾക്കാർക്ക് തോന്നി ഞാനെന്ന് പറയുന്ന സ്ഥായി ആയ ഒന്നാണ് ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവം സ്ഥായി ആയ ഒന്നാണ് ശരിയാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ശരിയാണ് ഞാനെന്ന് പറയുന്ന അനുഭവത്തോട് ബന്ധപ്പെട്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു ഞാനെന്നുള്ള അനുഭവത്തോട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ സംസാരിക്കുന്നു അപ്പൊ നമ്മളെ എല്ലാ കാര്യങ്ങളും ഞാനെന്ന് പറയുന്ന ഈ ബോധത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു ചിന്തിക്കുന്ന ഞാൻ തന്നെ സംസാരിക്കുന്നു സംസാരിക്കുന്ന ഞാൻ തന്നെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം മാറുന്നു ഇതെല്ലാം മാറുമ്പോഴും മാറ്റമില്ലാത്ത ഞാൻ അവിടെ ഇരിക്കുന്നു അപ്പൊ ഞാൻ എന്ന് പറയുന്ന മാറ്റമില്ലാതിരിക്കുന്നുണ്ട് അത് ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കം വരെ അവരെന്താതിരിക്കുന്നത് മാറ്റമില്ലാതിരിക്കുന്ന ആ ഞാനിന് ആധാരമായിട്ടൊന്നുണ്ടതാണ് ആത്മാവ് അങ്ങനെയാണ് അവര് ആത്മാവെന്ന് പറഞ്ഞു ശരി അതിന്റെ ഈ ആധാരമായിരിക്കുന്ന ആത്മാവ് അതിന്റെ സ്വരൂപം എന്തായിരിക്കും കാരണം അനുഭവം എന്ന് പറയുന്നത് പ്രകാശമാണ് അപ്പൊ അതും അടിസ്ഥാനപരമായിരിക്കുന്നതും പ്രകാശമായിരിക്കും എനിക്ക് അത് അറിവാണ് അപ്പോ ഞാനെന്ന് പറയുന്ന അനുഭവം അത് അറിവാണ് അത് ഉണർന്നിരിക്കുമ്പോ സ്ഥായിയായി നിൽക്കുന്നു ഈ വിശാലങ്ങളെല്ലാം ശരിയാണ് പഴയകാലത്തുണ്ടായി പക്ഷെ അവരതിലൊന്നുകൂടെ കൂട്ടിച്ചേർത്തു പഴയ കാലത്ത് എന്താണ് അതിന്റെ പിന്നിൽ എന്താണ് ഞാൻ എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒന്നുണ്ട് അതാണ് ആത്മാവ് അത് അവര് എന്താണ് എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് അവരുടെ അത് എന്തുകൊണ്ട് ഈ ഞാനെന്നുള്ള അനുഭവത്തിന് തുടർച്ചയുള്ള പിന്നിലെന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കും അതിനാണ് അവർ ആത്മാവെന്ന് പറഞ്ഞത് അപ്പോ ശരീരത്തിന് എന്തൊക്കെ മാറ്റം സംഭവിച്ചാലും നിലനിൽക്കുന്നു അപ്പോ അത് ജനനം പോലും മരണം വരെ നിലനിൽക്കുന്നതാണ് അപ്പോ അവര് സ്വയം കൽപ്പിച്ചു ുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും ഈ ഞാൻ എന്നുള്ള അനുഭവത്തിന് ആധാരമായ ആത്മാവ് നിലനിൽക്കും അതിനവര് ജീവാത്മാവ് എന്ന് പറയും പഴയ കാലത്തെ ചിന്തകളാണ് അങ്ങനെയാണ് ആധുനിക കാലത്തിലേക്ക് വന്നപ്പോ മാറും പിന്നെന്താ അനുഭവം എന്ന് പറയുന്നത് ഒരു ബ്രെയിനിന്റെ പ്രോസസ്സാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ബോധം ഈ പ്രോസസ്സിംഗ് തന്നെയാണ് ബോധം ലേറ്റൂറോ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ത് ബോധം അത് രണ്ടു തരത്തിലാണ് എന്റെ ബ്രെയിനിലൊരു പ്രോസസ് നടക്കുമ്പോൾ ഒരാള് പുറമേ നിന്ന് ഇതിനെ പഠിക്കുകയാണെങ്കിൽ എന്റെ ബ്രെയിനിനെ പഠിക്കുകയാണെങ്കിൽ അവർക്കതൊരു പ്രോസസ്സായിട്ട് അനുഭവപ്പെടും അത് അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് നട പഠിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ അവരതിനെ പഠിക്കുന്നത് ബ്രെയിനിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചുകളും ഇലക്ട്രിക്കൽ സിഗ്നൽസും ഒക്കെ ആയിട്ടാണ് അവര് പഠിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ പ്രോസസ് എന്ന് വിളിക്കുന്നത് പക്ഷെ അങ്ങനെ പുറമേ നിന്ന് അത് യന്ത്രസഹായത്തോടുകൂടി പഠിക്കുന്നതാണ് യന്ത്രസഹായത്തോടു കൂടി നടക്കുന്ന ആ പ്രോസസ്സിങ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനാണ് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് മനസിലായോ കോൺഷ്യസ്നെസ് അവർനെസ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് അതിന് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു പ്രോസസ് നടന്നിട്ട് നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നില്ല ബ്രെയിനിലെന്തെങ്കിലും ഒരു പ്രവർത്തനം നടന്നിട്ട് കോൺഷ്യസിനസ് ഉണ്ടാകുന്നില്ല മറിച്ച് പിന്നെന്താണോ സ്വാഭാവികമായിട്ടുള്ള മറിച്ച് എന്താണ് ഒരു ബ്രെയിനൊരു പ്രോസസ് നടന്നിട്ട് അവിടെ കോൺഷ്യസ്നെസ് ഉണ്ടാവുകയില്ല എക്സ്പീരിയൻസ് ഉണ്ടാവുകയില്ല മറിച്ച് എന്താണ് അനുഭവപ്പെടുക മറ്റൊരാളുടെ പഠനത്തിൽ അത് പ്രോസസ് ആയിട്ട് പഠിക്കുകയും എന്റെ എക്സ്പീരിയൻസ് ആണോ അവയർനസ് എന്നുള്ള എക്സ്പീരിയൻസ് തന്നെ ഇതാണ് അനിൽ സേത്ത് എന്ന പോലെയുള്ള സയന്റിസ്റ്റുകളുടെ അഭിപ്രായം ലേറ്റസ്റ്റ് അപ്പോ അതൊരു വലിയൊരു എന്താണ് വലിയൊരു അവരുടെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെ ഫലമായി എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് വെറുതെ പറയുന്നതന്നെ എന്റെ പിന്നിൽ ഒരുപാട് പേര് പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെറുതെല്ലാം നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫലമായി ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആയിട്ടുള്ളത് വിശദീകരിക്കാൻ ഒരു കാര്യമല്ല മറിച്ച് എന്താണ് അത് ആ പ്രോസസ് തന്നെയാണ് ഞാൻ അതിനെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്ന് സ്വയം അതിനെ മനസ്സിലാക്കുമ്പോ എന്റെ ബ്രെയിനിനെ പഠിക്കുന്നവരോ പ്രോസസ് എന്ന് പറയും അത്രയും ഇപ്പോഴത്തെ പഠനങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇത്രയും അഡ്വാൻസ്മെന്റ് ബ്രെയിൻ സ്റ്റഡീസിൽ നടക്കുന്നു ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പോ അവിടെ ഒരു ചുവന്ന ഡൈറ്റ് ഉണ്ട് ഈ ചുവന്ന ഡൈറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്റെ റെട്ടിന് വന്ന് പതിക്കുന്നത് അവിടെ വന്ന് എന്റെ റെട്ടിന് വന്ന് പതിക്കുന്നത് എന്താണ് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് എന്റെ ഈ റെട്ടിനി പതിക്കുന്നത് ഇത് സിഗ്നൽസ് ആയിട്ട് നമ്മുടെ വിഷൽ കോട്ടക്സിൽ പോകുന്നത് ബാക്കിലാണ് ബ്രെയിനിന്റെ ഒരു ഭാഗം അതില് വി ഫോർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വി അവിടെ ഒരു പ്രോസസിംഗ് ഇടപെടും ോസസിംഗാണ് എന്റെ അനുഭവമായിരിക്കുന്നത് എന്താണ് ചുവപ്പ് ശരിക്കും ഈ ചുവപ്പെന്ന് പറയുന്ന എന്താണ് ശരിക്കും പറഞ്ഞാ ചുവപ്പെന്ന് പറയുന്നൊരു വസ്തുവുണ്ടോ ചുവപ്പെന്ന് പറയുന്നൊരു സാധനം പുറത്തുണ്ടോ പുറത്ത് ഉള്ളിലേക്ക് വരുന്ന സിഗ്നൽസ് വേവ്സാണ് ഉണ്ടൊരു സാധനം അതാണ് ഭൗതികമായ വസ്തു എന്ന് പറയുന്നത് എന്താണ് എന്റെ റെട്ടിനിൽ പറിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് അത് ഭൗതികമായ ഉള്ളത് തന്നെ പുറമെ അങ്ങനെ വസ്തുണ്ട് പക്ഷെ ആ വേവ്സ് എന്ന് പറയുന്നത് മെഷറബിളായ വേവ്സാണ് അങ്ങനെ പഠിക്കാൻ പറ്റും ഉപകരണങ്ങൾ ഉപയോഗിച്ചാല് അടിക്കാൻ പറ്റും അതിന്റെ സെവൻ ആണ് അതിന്റെ വേവ് ലെന്ത് സെവൻ ഹൺഡ്രഡ് ഉള്ള ആ വേവ്സ് ബാക്കിൽ പോയി വി ഫോറിൽ പോയിട്ട് ഒരു പ്രോസസിങ് നടക്കുമ്പോഴാണ് ചോപ്പെന്ന് പറയുന്ന എക്സ്പീരിയൻസ് എനിക്ക് ചോപ്പെന്ന് പറയുന്നത് പുറമെ നോക്കിയാൽ എന്താണത് വേവ് ലെന്താണ് ിലെന്താണ് ചോപ്പ് എന്നുള്ള എക്സ്പീരിയൻസ് അപ്പൊ പ്രോസസിംഗ് ആണെന്ന് പറയാൻ എന്താ കാരണം ഈ വി ഫോർ എന്ന് പറയുന്ന ഭാഗത്തിന് ഒരു തവരാൽ പറ്റിയാൽ പിന്നെ ആ വേവിലെന്ത് വരും എന്റെ കണ്ണിൽ പതിക്കും ഇത് പിറകിലേക്ക് പോകും പക്ഷെ എനിക്ക് ചോപ്പ് എന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല അപ്പൊ പ്രോസസ്സിംഗ് ആണ് ചോപ്പ് അപ്പൊ ഭൗതികമായ വസ്തുക്കളെല്ലാം ഉണ്ട് അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന വസ്തുക്കളെ അതുപോലെ കോപ്പി ചെയ്യുന്നതല്ല അത് പറ്റത്തില്ല ഇപ്പൊ പുറമേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ റിയാലിറ്റിയാണ് പുസ്തകമേ ഷാപ്പ് ചെയ്യാനും ഇതെല്ലാം സിഗ്നൽസ് ഇത് കണ്ണിനെ സംബന്ധിച്ച് പറയണെങ്കിൽ ഓരോ ഇന്ത്യങ്ങളെ സംബന്ധിച്ചും വേറെ വേറെയാണ് ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് പറയുന്നത് എന്താണ് ലേറ്റസ്റ്റ് ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാടാണ് മനസിലായോ ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാട് എങ്ങനെയെന്ന് വിശദീകരിക്കും മറ്റേത് നമുക്കറിയാമല്ലോ സാക്ഷിയോ അത് നോക്കാൻ ഇവിടെ സാക്ഷിയല്ല സാക്ഷാരമില്ല ആരുമില്ല ഇവിടെ ആകുള്ള എന്താണ് ബ്രെയിൻ പ്രോസസിംഗ് അതായത് എക്സ്പീരിയൻസ് അതായത് ഇത് പറയുന്ന എന്താണ് പുറമേ ഉള്ള ഒരു വസ്തുവിന്റെ അനുഭവം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലായോ ചോപ്പ് എന്ന അനുഭവം ഉണ്ടാകുന്നു അതെങ്ങനെയാണെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ചോപ്പിനെ കാണുന്നു എന്നുള്ള അനുഭവം ഉണ്ടാകുന്നുള്ളോ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് അത് ഇന്റേണലായിട്ടുള്ള മോഡലിംഗ് ആ അതായത് എന്റെ ശരീരം എന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചേർത്ത് ഇതുപോലെ തന്നെ ഒരു മോഡലിംഗ് ഉണ്ടാക്കുമ്പോ നമ്മുടെ ശരീരത്തില് ഒരു ലൊക്കേഷൻ മൊത്ത ശരീരത്തെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ എന്നുള്ള അനുഭവം അതും ബ്രെയിനിന്റെ ഒരു പ്രോസസിംഗാണ് എക്സ്പീരിയൻസാണ് അത് അത് ബ്രെയിൻ പ്രോസസ്സിങ്ങിനപ്പുറം അവിടെ ഒരു സാക്ഷിയോ ആത്മാവോ യാതൊന്നുമില്ല ഇത് ഇത് രണ്ടും മനസിലായോ അതായത് ചോപ്പെന്നുള്ള അനുഭവം ഞാൻ അറിയുന്നുള്ള അനുഭവം കൺസ്ട്രക്റ്റാണ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്നതാണ് നമ്മുടെ ബ്രെയിനിന്റെ നിർമ്മാണമാണ് മനസിലായോ അത് നിർമ്മിച്ചെടുക്കുന്ന രണ്ട് സാധനമാണ് ഒന്ന് ഈ ശരീരത്തെ ആശ്രയിച്ചാല് വലിയൊരു ഉദാഹരണം ഉണ്ട് ഇത് നിർമ്മിച്ചെടുക്കുന്ന റബ്ബർ ഹാൻഡില് സംഭവമാണ് കേട്ടിട്ടുണ്ടോ അതല്ല ഒരു പരീക്ഷണ പലതവണ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ് ഒരാള് മേശയുടെ പുറത്ത് അയാളെ കൈ ഇങ്ങനെ വയ്ക്കും എന്നിട്ട് കൂടെ ഒരു സ്ക്രീൻ വയ്ക്കും ഇങ്ങനെ ഒരു സ്ക്രീൻ വെച്ച് ഈ കൈ തൽക്കാലം മറിഞ്ഞിരിക്കും അയാളിങ്ങനെ മുമ്പേ ഇരിക്കുകയാണ് ഈ സ്ക്രീനിന്റെ ഇപ്പുറത്ത് റബ്ബർ കൊണ്ടുള്ളൊരു ഇതിനപ്പുറമുള്ള ഒരു കൈ ഇവിടെ ഇവിടെ സ്ക്രീനിന്റെ ഇപ്പുറം അപ്പൊ ഇവിടെ രണ്ട് കൈ ഇരിക്കുകയാണ് എന്നിട്ട് അപ്പുറത്ത് നിന്ന് ഒരാള് രണ്ട് ബ്രഷോട്ട് ഈ കയ്യിലും ഈ റബ്ബർ കൈയിലും ഒരേ പോലെ സെമിൾട്ട് ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഇതില് വ്യത്യാസമുണ്ട് കേട്ടോ അനുഭവത്തിൽ വലിയൊരു ശതമാനം ആൾക്കാരും ഏകദേശം അറുപത് കൂടുതൽ സമയമൊന്നും വേണ്ട ഞാൻ തന്നെ എന്താ പറഞ്ഞത് അവരോട് ചോദിച്ച് ഇത് നിങ്ങളെ കൈയാണോന്ന് ചോദിച്ചു അവര് ഈ കയ്യ് നോയിക്കൊണ്ടിരിക്കുകയാണോ പറഞ്ഞ ഇതാണ് എന്റെ കൈയെന്നു നിങ്ങളുടെ വലത്തെ കയ്യേതാണിതാ ഇതാണെന്ന് പറഞ്ഞത് റബ്ബർ റബ്ബർ കയ്യെ അവര് പറഞ്ഞു ഇതാണ് എന്റെ കൈന്നു എന്താ ഉറങ്ങുന്ന കേട്ടാ നല്ല സുഖമായിരിക്കും അപ്പൊ ഇതാണ് എന്റെ കൈന്ന് പറഞ്ഞത് അപ്പൊ അതിന്നെന്താ മനസിലാക്കുന്നത് എന്താണ് മനസിലാക്കുന്നത് മറ്റേ കൈ അവിടെ ഇരിക്കാണോ ഈ റബ്ബർ കൈ ആണ് പറഞ്ഞാൽ ഇതാണ് എന്റെ കൈ എന്ന് പറയുന്നത് എന്താ മനസ്സിലാക്കുന്നത് എന്റെ കൈ എന്ന് പറയുന്ന ഈ എക്സ്പീരിയൻസ് കൺസ്ട്രക്റ്റഡ് ആണ് ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് മനസിലാ എങ്ങനെയാണോ ഈ കയ്യില് എന്റെ വലത്തെ കൈ എന്നുള്ള ബോധം ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്തത് അതുപോലെ വെറു റബ്ബർ കൈ വെച്ച് കൊടുത്തപ്പോഴെന്ത ചെയ്തു ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്ത് ഇതാണ് എന്റെ കൈ എന്നു പറയുന്നത് ഇത് വേറെ വി ആർ ഗൂഗുകൾ വെച്ചിട്ട് വേറെ പരീക്ഷണ നടത്തിയിട്ടുണ്ട് എന്താണ് വേറെ ആളുടെ ശരീരത്തിൽ ഇതാണ് എന്റെ ശരീരം ഒന്നൊരാള് നിങ്ങളുടെ ശരീരം അയാൾ പറയുന്നത് ഇതാണ് എന്റെ ശരീരം മറ്റൊരു പരീക്ഷണത്തിൽ അപ്പോ നമ്മളെന്താ ധരിക്കുന്നത് ഇതാണ് എന്റെ ശരീരം എന്നാണ് പക്ഷെ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ഇതാണ് എന്റെ ശരീരം അപ്പോ ഞാനെന്നുള്ള ഭാഗം അവിടെ പോയി മറ്റൊരു ശരീരത്തിൽ പോയി അതൊരു ട്രിക്ക് ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്തുമ്പോഴാണ് അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ആ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ് ആ പ്രോസസ്സെന്ന് പറയുന്ന പല ലെയറിലായിട്ട് നടക്കും ഒറ്റ ഇതല്ല അപ്പോ അതിനെ പഠനം നടത്തിയിരിക്കുന്നതാണ് ഗ്ലോബൽ സ്പേസ് തിയറി എന്ന് പറയുന്നത് വിശദമായൊരു പഠനമാണ് അപ്പോൾ അതിൽ നമ്മുടെ ബ്രെയിനിന്റെ കൂടുതൽ ഭാഗങ്ങൾ കൂടി ചേർന്ന് ഈ പ്രോസസ്സിന്റെ ഒരു സമ്മറി ആയിട്ട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഞാനെന്നുള്ള എക്സ്പീരിയൻസ് ആയാലും ശരി ോപ്പ് എന്നുള്ള എക്സ്പീരിയൻസ് ആയാലും ശരി ആ സമ്മറിൽ അതിന് നമ്മൾ എക്സ്പീരിയൻസ് അനുഭവം എന്ന് പറയും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസിന്റെ പഠനങ്ങൾ പറയുന്ന ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരം പഠനങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചു ഒരു കണ്ടെത്തണം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിക്കും ഹൗ വൈ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്താ കാരണം അതെങ്ങനെ സംഭവിക്കുന്നു അപ്പൊ വീണ്ടും പഠനം നിർത്താൻ പറ്റില്ല കണ്ടെത്തിയടത്തു നിന്ന് വീണ്ടും ബേക്കിലോട്ട് ബേക്കിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു എന്താണോ ബോധ എവിടെ നിന്ന് വരുന്നു ആത്മാവിയാണ് പിന്നെ ചോദ്യങ്ങളില്ല ഉത്തരങ്ങളില്ല അവിടെ പ്രശ്നം തീർ എല്ലാത്തിനും സമാനമായി കഴിഞ്ഞു പക്ഷെ പഠനങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ അല്ല ഒരു കാര്യം കണ്ടെത്തി കഴിയുമ്പം വീണ്ടും ചോദ്യം ചോദിക്കാം ശരി അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും ഈ പ്രോസസ്സിങ് എങ്ങനെ ബോധമായി തീരുന്നു എന്തുകൊണ്ട് പല ലെയറിലുള്ള പ്രോസസിങ് അൺകോൺഷ്യസ് ആയിരിക്കുന്നു എന്തുകൊണ്ട് സമ്മറി കോൺഷ്യസ് ആകുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് അതിനവർ സമാധാനം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അപ്പൊ കണ്ടെത്തിയ സമാധാനത്തില് അപ്പോ എന്തുകൊണ്ട് ോസസ് കോൺഷ്യസ്നസ്സായി പറയുന്നത് ഗ്ലോബലി ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളിൽ ഒരുമിച്ച് പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു നമ്മുടെ അനുഭവം എന്ന് പറയുന്നു അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു വീണ്ടും ചോദിക്കാം അതിന് ഉത്തരം പറഞ്ഞാൽ ചോദിക്കും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അപ്പൊ ചോദ്യങ്ങളും ഉത്തരങ്ങളും അന്വേഷണങ്ങളിലും പഠനങ്ങളിലും ഒരിക്കലും അവസാനിക്കില്ല അവസാനത്തോരുത്തരും അത് പ്രതീക്ഷിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ഈ ഫിലോസഫിയിലൊക്കെ അയ്യായിരം വർഷം മുമ്പേ കണ്ടെത്തിന്ന് പറഞ്ഞെന്താണ് അത് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യങ്ങളില്ല അതിനെ മനസ്സിലാക്കിയാണ് എന്താണ് പറയുന്നത് ഇതിനൊരു സാക്ഷിയുണ്ട് ഈ ബോധത്തിനെല്ലാം ഒരു സാക്ഷിയുണ്ടാ ശരി എന്നാ സംബന്ധിച്ച് സാക്ഷി പിന്നെ ഇനി അതിനപ്പുറം എന്തുകൊണ്ട് സാക്ഷി എന്നൊരു ചോദ്യം അവിടെ ഉദിക്കുന്നില്ല അങ്ങനെ ചോദ്യത്തിനവിടെ പ്രസക്തിയില്ല കാരണം എന്തുകൊണ്ട് അവിടെ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങളോ പരീക്ഷണങ്ങളോ നടത്തിയല്ല ഇതൊക്കെ കണ്ടെത്തുന്നത് പിന്നെ എങ്ങനെയാണ് സിദ്ധാന്ത രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ് ഇതാണ് പിന്നെ സിദ്ധാന്തം അങ്ങനെ അവതരിപ്പിക്കുകയാണ് മറ്റെടുത്ത് അങ്ങനെയല്ല ഒരു തിയറിയായി അവതരിപ്പിക്കണമെങ്കിൽ അവിടെ നിരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ അതിന്റെ റിപ്പറ്റേഷൻ അതിന്റെ പ്രഡിക്ഷൻ ഇങ്ങനെ പല പ്രോസസ്സിൽ നടന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷമാണ് അതിനൊരു മെത്തഡോളജി ഉണ്ട് ആ മെത്തഡോളജി പൂർണമായും ഫോളോ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നിഗമനം തിരിച്ചേരുന്നതാണിത് പ്രോസസിംഗ് ആണ് എക്സ്പീരിയൻസ് മറ്റിടത്ത് ഇതില്ല ഇല്ലാത്തോണ്ട് ഒരാൾക്ക് സിദ്ധാന്തം പറഞ്ഞാ മതി ആ സാക്ഷിയാണ് എന്ന് പറഞ്ഞ അവിടെ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് ശ്രദ്ധ വേണം പറയുന്ന കാര്യങ്ങളിൽ കേൾക്കുന്നവർക്ക് എന്ത് വേണം വിശ്വാസം വേണം അപ്പോ ഇതാണ് അവിടെ പിന്നെ അന്വേഷണം അവസാനിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ് അന്വേഷണം ആയിരിക്കലും അവസാനിക്കുന്നില്ല ഇവിടെ അവസാനത്ത് ഉത്തരവ് എന്ന് പറയുന്ന ഒന്നുമില്ല രണ്ടിന്റെ പഠന രീതികൾ വ്യത്യസ്തമാണ് രണ്ട് രീതിയിലാണ് അഹം അനുഭവം എന്ന് പറയുന്നത് അവിടെ ഒരു ആത്മാവിൽ നിന്ന് ഇങ്ങനെ അനുഭവം ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ വളരെ എളുപ്പമാണ് ഈസിയാണ് മനസ്സിലാക്കാൻ പിന്നെ അവിടെ കൂടുതൽ പഠനങ്ങളും അന്വേഷണവും ഒന്നും നടത്തേണ്ട ആവശ്യം പക്ഷെ ഇതാണെങ്കിലോ മനുഷ്യ ഉള്ളിടത്തോളം കാലം ഇത് ഇങ്ങനെ ഈ റിസർച്ച് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ അപ്പൊ അവന്റെ ഇതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്നുള്ള വ്യത്യാസം അതും മനസിലായോ അവന്റെ ബാഹ്യമായ വസ്തുക്കളുണ്ട് പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു അതിന്റെ ഒരു പ്രോസസിങ് നടത്തി അതിന് ചില അത് പുറമേയുള്ള റിയാലിറ്റിയുടെ നിരീക്ഷിച്ച് അതിന്റെ കൺസ്ടഡായിട്ടുള്ളത് എന്ന് വെച്ചാൽ ചില നിയന്ത്രണ വിധേയമായി നമ്മുടെ ഉള്ളിൽ അതിനെ ഒരു ബോധത്തെ ഉണ്ടാക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു അത് വാസ്തവത്തിൽ പുറമേ ഉള്ളത് റിയാലിറ്റി തന്നെയാണ് പക്ഷെ നമ്മൾ അറിയുന്നത് പ്രോസസ് അത് പുറമേയിരിക്കുന്നത് തന്നെയാണ് അതിന്റെ കോപ്പിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഇതിനാണ് പറയുന്നത് ന്യൂറൽ റിയാലിറ്റി ന്യൂറോ സയൻസിൽ പറയുന്ന ന്യൂറൽ റിയാലിറ്റി എന്ന് പറയും ഇതിന് നേരെ വിപരീതമായി വേറെന്നുള്ളതാണ് സാധാരണ രീതി പറയുന്നത് നെയ്വ് റിയാലിറ്റി നെയ്വ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മളീ കാണുന്ന ഈ പുസ്തകം ബാഹ്യമായ ഇതിങ്ങനെ തന്നെയാണ് എങ്ങനെയാണോ പുറമേ ഉള്ളത് നമ്മളതിനെ അറിയുന്നു റിയാലിറ്റി അങ്ങനെയല്ല പറയുന്നു പുറമേ ഒന്നുണ്ട് അതിന്റെ കോപ്പിയല്ല നമ്മുടെ അതായത് പഴയകാലത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണോ ഇതിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം നമ്മൾ കണ്ണിൽ വീഴുന്നു അങ്ങനെ പോയി ബ്രെയിനിൽ പ്രോസസ് ചെയ്ത് നമ്മൾ ഇതിനെ അറിയുന്നു അപ്പോൾ ഈ പുറമേ വസ്തു എങ്ങനെയോ അങ്ങനെ നമ്മൾ അറിയുന്നു എന്നൊക്കെയാണ് പഴയ പഠിച്ചത് ഇന്ന് പഠിക്കുന്ന അങ്ങനെയല്ല പുറമേ വസ്തു ഉണ്ട് അത് അറിയില്ലാണ് പക്ഷെ നമ്മൾ അറിയുമ്പോൾ ഇതിനങ്ങനെയല്ല അറിയുന്നു എന്തുകൊണ്ട് പുറമേ നിന്ന് നമ്മുടെ കണ്ണിൽ പതിക്കുന്ന എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് പക്ഷെ ബ്രെയിൻ പ്രോസസ് ചെയ്ത് എങ്ങനെ ചുവപ്പ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രോസസ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് എന്തോ കേട്ടോണ്ടിരിക്കുന്നത് അതിന്റെ വേവ് ലെന്ത് സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ ആയോണ്ടാണ് ഈ വേവ് ലെന്ത് കുറഞ്ഞു വരുമ്പോൾ ആ കളറ് മാറി മാറി വരും മനസിലായോ നമ്മൾ ഈ കാണുന്ന പ്രകാശങ്ങൾ വേറെ വേറെ വേറെ കളർ എന്തുകൊണ്ട് കാണുന്നു നമ്മുടെ ഇവിടെ പതിക്കുന്ന ആ ഇലക്ട്രോമാഗ്ന വേവ്സിന്റെ വേവ് നന്തു മാറുന്നോണ്ടാണ് അപ്പൊ വേവ് നന്തു മാറുന്ന അനുസരിച്ച് ഈ വി ഫോറിൽ വരുന്ന പ്രോസസ്സിംഗ് മാറുന്നു നമ്മുടെ എക്സ്പീരിയൻസ് മാറുന്നു പ്രോസസ്സിംഗിന്റെ എക്സ്പീരിയൻസ് അപ്പോൾ പുറമേയുള്ള വസ്തുവിന് ാണ് ഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റും പറ്റത്തില്ല കാരണം നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണിൽ പറയുന്ന വേവലന്തു ആണ് വേവ്സ് ആണ് വേവലന്ദ് മാറുമ്പോൾ പ്രോസസ്സിങ് മാറുന്നു നിറങ്ങൾ മാറി മാറി നമ്മൾ അനുഭവിക്കുന്നു കളർ ചേഞ്ച് ആയിട്ട് അനുഭവിക്കുന്നു വേവലെങ്കിന്റെ ഈ ഇത് മാറുന്നതുകൊണ്ട് ഈ വിഷോ കോട്ടക്സിലെ വി ഫോർ എന്ന് പറയുന്നിടത്തെ പ്രോസസ്സിങ് മാറും പ്രോസസ്സിങ് മാറുമ്പോൾ ചുവപ്പ് പച്ച നീല ഇങ്ങനെ കളറുകൾ മാറി മാറി ഇനി അത് ഇൻഫ്രാ റെഡ് ആണെങ്കിൽ നമുക്ക് ഒന്നും അറിയാനും പറ്റത്തില്ല അപ്പോഴും ഈ വ്യവസ്ഥകൾ വരുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല കാരണം എന്തുകൊണ്ട് അതിനെ നമ്മുടെ വി ഫോറിൽ പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബാഹ്യമായ വസ്തുക്കൾ നമ്മൾ അതുപോലല്ല ഗ്രഹിക്കുന്നത് അത് എന്താണ് കൺസ്റ്റന്റ് റിയാലിറ്റി എന്ന് പറയും എന്ന് വെച്ചാൽ നിയന്ത്രിതമായ ഒരു റിയാലിറ്റിയാണ് മനസ്സിലാണത് അപ്പോ ഇതെല്ലാം ബ്രെയിൻ മോഡൽസ് ആണ് പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് കൺസ്റ്റന്റ് ആണ് നിയന്ത്രിതമാണ് യഥാർത്ഥമാണ് റിയാലിറ്റിയാണ് പക്ഷെ റിയാലിറ്റിയിൽ നിയന്ത്രണങ്ങൾ വരും യഥാർത്ഥമല്ലെന്ന് പറയുന്നത് ഐഡിയലിസം ആയിക്കോ മനസിലായ ഇപ്പൊ നൈവറിയൽസത്തെ എന്താ പറയുന്നത് അവിടെ ചോപ്പെന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് ഞാൻ കാണുന്നു എന്നാണ് നൈവറിയലിസം പറയുന്നത് ന്യൂര റിയൽസം എന്താണ് പറയുന്നത് അവിടെ അങ്ങനെ ചുവപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ല അവിടെ ശരിക്കുമുള്ളത് എന്താണ് വേവ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സാണ് എന്റെ ബ്രെയിൻ ആ വേവലത്തിനനുസരിച്ച് പ്രോസസ് ചെയ്യുന്നതാണ് ചുവപ്പ് ഇതാണ് വ്യത്യാസം ഇപ്പൊ റിയാലിറ്റി ഇല്ലെന്നല്ല റിയാലിറ്റി ഉണ്ട് ബാഹ്യമായ റിയാലിറ്റികളെല്ലാം അംഗീകരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഞാനെന്നുള്ള അനുഭവമാണെങ്കിലും ശരി പ്രപഞ്ചത്തെ കുറിച്ച അനുഭവങ്ങളായാലും ശെരി എല്ലാം ബ്രെയിൻ പ്രോസസ്സിംഗ് ആണ് അപ്പോ ഈ പ്രോസസ്സിംഗിനുറം നമ്മള് അദ്വൈതത്തിൽ പറയുന്ന ഒരു സാക്ഷിയോ ബ്രഹ്മമോ ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ അത് അതിന് തെളിവായി പറയുന്നതാണ് ും തരാർ സംഭവിച്ചു കഴിഞ്ഞാൽ കാണത്തില്ല അപ്പൊ പിന്നെ സാക്ഷി അവിടെ പോയി സാക്ഷിയവിടെ പോയി സാക്ഷി ഏഹ് സാക്ഷി എവിടെയുണ്ട് സാക്ഷി എവിടെയിരിക്കും സാക്ഷി എവിടെ ഇരിക്കുന്നത് സാക്ഷിക്ക് ഇരിക്കാൻ ഇടമേണ്ടേ സെക്കൻഡ് ഏഹ് പ്രോസസിങ് സാക്ഷി അദ്വൈതികൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് സാക്ഷി അവര് പറയുന്നത് എന്താണ് അത് ജ്ഞാനം എന്നാണ് അദ്വൈതി പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ പിന്നെ സാക്ഷിയോടെ പോകും സാക്ഷിയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സാക്ഷി എന്ന് പറയുന്നതിനവർ ജ്ഞാനം എന്ന് പറഞ്ഞു ഇവർ പറയുന്നത് ജ്ഞാനം പ്രോസസ്സിങ് ആണ് അപ്പൊ സാക്ഷി എന്ന് പറയുന്നതിന് ഇരിക്കാൻ പല ലേഴ്സ് ആയിട്ടുള്ള പ്രോസസിംഗിലാകും ബോധം പല ലേയേഴ്സില് എന്താണ് അൺകോൺഷ്യസ് ലേയേഴ്സ് ഉണ്ട് കോൺഷ്യസും ഉണ്ട് അതിന്റെ സമ്മറിയാണ് കേരളം ബോധം ആ പ്രോസസ്സിംഗിൽ തന്നെയാണ് എന്നാണ് ഇതിനാണ് അവര് തെളിവായിട്ട് എന്താണ് മനസ്തേഷ്യ മെഡിറ്റേഷൻ ഇതെല്ലാം അവര് തെളിവായിട്ട് പറയുന്നുണ്ട് ഏത് ഇത് പ്രോസസ്സിംഗ് ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഇപ്പൊ ഒരാൾ മെഡിറ്റേഷനിലിരിക്കുന്നു അയാൾക്ക് ശരീരബോധം നഷ്ടപ്പെടുന്നു അപ്പോ ഈ ശരീരബോധം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു അവര് പറയുന്നത് ശരീരബോധം നഷ്ടപ്പെടുന്നത് സെൽഫ് മോഡലിംഗ് ഇല്ലാതെ മനസിലായോ സെൽഫ് മോഡലിംഗ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ബ്രെയിൻ ഈ നമ്മുടെ ഈ ഇതിനുണ്ടല്ലോ ഈ സിസ്റ്റത്തെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നാണ് സെൽഫ് മോഡലിങ് ഞാൻ എന്നുള്ള ബോധത്തോടു കൂടിയിരിക്കുന്നു ഈ ഓർഗാനിസം എന്ന് പറയാം ഈ ഓർഗാനിസെ പ്രോസസ് ചെയ്യുന്നതാണ് സെൽഫ് മോഡലിങ് ധ്യാനത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് മനസ്സ് ബ്രെയിൻ എന്തു ചെയ്യുന്നു ബ്രെയിനിന്റെ ഈ പ്രോസസ്സിംഗിന് മാറ്റം വരുന്നു പ്രോസസിംഗിന് മാറ്റം വരുമ്പോൾ ഈ സെൽഫ് മോഡലിംഗ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നു സെൽഫ് മോഡലിംഗ് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തെ ബോധം ഇല്ലാതെ നമ്മൾ വിചാരിക്കുന്നു വേറെ ഏതോ ഏതോ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്തോ അവസ്ഥയിലെത്തിച്ചേരുന്നു ഒന്നുമില്ല പ്രോസസിംഗ് മന്ദീഭവിക്കുന്ന കുറഞ്ഞു വരുന്നതാണ് വീണ്ടും ബ്രെയിൻ പ്രോസസ്സിങ് പഴയതുപോലെ വരികയാണെങ്കിൽ അതിനവര് ഒരു കാര്യം പറയും ഇഗ്നിഷൻ എന്നൊരു വാക്ക ഉപയോഗിക്കുന്നു ഇഗ്നിഷൻ ആ ബ്രെയിനിലൊരു ഇഗ്നിഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഈ ബോധം തെളിഞ്ഞു വരുന്നത് ഈ ഇഗ്നിഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ എന്ത് നമുക്ക് ഈ സെൽഫ് മോഡലിംഗ് കുറഞ്ഞു കുറഞ്ഞുവരും പ്പെടുത്തും ശരീരത്തെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടും ആ ശരീരത്തെ കുറിച്ച് ഉള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ബോധം എവിടെയെങ്കിലും പോകുന്ന അല്ല ബ്രെയിൻ പ്രോസസ്സിംഗിന് വ്യത്യാസം വരും മോഡലിങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മോഡലിംഗ് വായിപ്പ് അത് ആ മോഡലിംഗ് ഇവിടെ നടക്കത്തില്ല നടക്കത്തില്ല അത് ഇഗ്നിഷ്യൽ എന്ന് പറയുന്ന ഒരു ലെവലിൽ എത്തിയാലേ നമുക്ക് ശരി ബോധം ഉണ്ടാകും പരിസരത്തെ കുറിച്ചൊക്കെ മെഡിറ്റേഷൻ കൊടുക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴ് എല്ലാം എന്ത് ചെയ്യുന്നു ഈ പ്രോസസ്സിംഗിന് കുഴപ്പം വരികയാണ് ഈ പ്രോസസ്സിംഗിന് വ്യത്യാസം വരുമ്പോഴത്തേക്കും നമുക്ക് ശരീരത്തെ ബോധം ഇല്ലാതെ അത് തെളിവാണ് ഈ അഹം എന്ന് പറയുന്ന ബോധം സെൽഫ് മോഡലിംഗ് എപ്പോഴാണോ സെൽഫ് മോഡലിങ് നടക്കാത്തത് ശരീരബോധമില്ല ശരീരബോധം ഇല്ലാത്തതിനെയാണ് നമ്മൾ പറയുന്നത് നമ്മള് പരമാത്മാവിനോട് ഏകീകരിച്ചത് സമാധിയില്ലെന്നൊക്കെ പറയുന്നത് നമ്മുടെ സെൽഫ് മോഡലിംഗ് നഷ്ടപ്പെടുന്നതാണ് ഇന്റഗ്രേറ്റ് സെൽഫായിട്ട് ഫീലിംഗ് സെൽഫ് സെൽഫിലോട്ട് സെൽഫെന്ന് പറയുന്നത് എന്താണ് സെൽഫെന്ന് പറയുന്നത് ഈ മോഡലിംഗ് ആണ് അത് പ്രവർത്തിക്കാതെ വരും അത് പ്രവർത്തിക്കാതെ വരുമ്പോ പിന്നെ ശേഷിക്കുന്ന എന്താണോ ഒന്നും ബ്രെയിൻ ശേഷിക്കും ആ ബ്രെയിൻ അവിടെ ശേഷിക്കും ബോഡിരിക്കും നമ്മുടെ ബോധം ആ നമ്മുടെ ബോധം വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നില്ല അത് പൊതുവെ നമ്മുടെ എല്ലാ മനുഷ്യർക്കും പറഞ്ഞണ്ടേ ഇപ്പോ ഈ ഒരു ചെറിയ ഒരു വയ അമീബെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അതിനകത്തില്ല നമുക്ക് ബ്രെയിൻ എന്ന് പറയാവുന്നേ ഉള്ളൂ പക്ഷെ അതിന്റെ അകത്തും ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് വളരെ സൂക്ഷ്മമായ ഒരു ഭാഗത്ത് ഒരു പ്രോസസ്സിങ് നടക്കുന്നോണ്ടാണ് അതിന് ബോധമുള്ളത് പരിസരത്തെക്കുറിച്ച് പക്ഷെ നമ്മള് പൊതുവെ പറയുമ്പോൾ അതിന്റെ ബ്രെയിനിൽ നടക്കുന്നു എന്ന് പറയും പക്ഷെ അതൊരു ഒരു സെല്ലിൽ നടക്കുന്ന കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒന്നര കിലോളം വലിപ്പമുള്ള ബ്രെയിനിലാണ് ഇതെല്ലാം നടക്കുന്നത് പക്ഷെ ഒരു അമീവ്യയിലക്കുമ്പോൾ അത് അതാണ് ആദ്യ ജീവൻ ജീവൻ രൂപപ്പെട്ടു വന്ന ആദ്യകാലങ്ങളിലുള്ള ജീവനിലും എപ്പോഴാണ് ബോധമുണ്ടായി വന്നത് അപ്പം മുതൽ പ്രോസസ്സിങ് ഇടൊക്കെയാണ് പക്ഷെ അവിടെ നടക്കുന്നത് ഒരു സെല്ലിലായിരിക്കും വളരെ സൂക്ഷ്മമായ ഒരു സ്ഥലത്തായിരിക്കും പക്ഷേ അതുകൊണ്ട് തന്നെ ആ ബോധവും അത്രയും സൂക്ഷ്മമായിരിക്കും നമ്മുടെ ബ്രെയിൻ ഇത്രയും വികസിച്ചുകൊണ്ട് ബ്രെയിനിൽ എന്തു ചെയ്യുന്നു വലിയൊരു പ്രോസസ്സിങ് നടക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ബുദ്ധിമാന്മാരും മെടുക്കന്മാരും ഗവേഷകന്മാരും ശാസ്ത്ര സാങ്കേതിക വിദ്യയുള്ളവരൊക്കെയായി മാറുന്നത് നമ്മുടെ ബ്രെയിനിൽ വന്ന ആ പ്രോസസ്സിങ് ബ്രെയിന്റെ വലുപ്പം കൊണ്ടല്ല ബ്രെയിനിൽ വന്ന മാറ്റം കൊണ്ടാണ് കാരണം നമ്മുടെ ബ്രെയിനിനെക്കാളും വലിയ ബ്രെയിനാണ് ആനയ്ക്കുള്ളത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഈ പ്രോസസ്സിങ്ങനവിടെ അടക്കത്തില്ല അതിന് നമ്മളെക്കാളും വലിയ ബ്രെയിൻ ബ്രെയിനിന്റെ വലുപ്പം കൊണ്ട് കാര്യമില്ല നമ്മുടെ ബ്രെയിൻ പരിണാമം കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ച മാറ്റങ്ങളെന്ന് പറയുന്നത് ആനയുടെ ബ്രെയിനിൽ സംഭവിച്ചില്ല അതുകൊണ്ട് അതിന്നൊരു മൃഗമായിരിക്കുന്നു നമ്മുടെ ഹോമോസാഫിൻസ് ആയിരിക്കുന്നു മനുഷ്യനോളം ആയിട്ടില്ല അതിന് ചെല ചെല പ്രത്യേക കഴിവുകളുണ്ട് ഒരു ആന ആനയ്ക്ക് പത്ത് കിലോമീറ്റർ ദൂരെയുള്ള വൈബ്രേഷൻ പത്ത് കിലോമീറ്റർ ദൂരെയുള്ള വൈബ്രേഷൻ അതിന് പിടിച്ചെടുക്കാൻ അത് ആത്യന്തികമായ പ്രോസസ്സിങ് നടക്കുന്ന അതിന്റെ ബ്രെയിനിലാണ് നമ്മുടെ ബ്രെയിനില് പറ്റും പറ്റത്തില്ല അതെ ബ്രെയിനിന് അകത്തൊരു പ്രോസസിങ് ഉണ്ട് അത് വളരെ ചെറുതാണ് അതിന്റെ ബ്രെയിൻ അപ്പോൾ ഓരോ ഓരോന്ന് ഡെവലപ്പായി വന്നിട്ടുണ്ട് ഓരോ ജീവികളിൽ പക്ഷെ മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതിലൊരു പട്ടിമരവാൻ ചെയ്യുന്നു അതിനാ ഒരു പെസിറ്റീവ് ഒരുപാട് പ്രോസസ്സ് ഒരുപാട് നീണ്ടുപോയി ഇവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കുക